eeshri sri shiva somarana sankara yudham sri rasa yekayana ande guruya sri sri varana ചർച്ച ചെയ്ത രീതിയിൽ യഥാശാസ്ത്രോക്തോപദേശം ഇതുവരെ ചർച്ച ചെയ്ത രീതിയിലാണ് ആത്മബോധത്തിനുള്ള വിധി പ്രവൃത്താത്മനോ നിത്യ അപരോക്ഷ ഇത്യാദിന ആരോപിതരൂപേണ പ്രതീദേഹെ സസ്യന്തയത്തിനെ തീയത്തോവ ചോദ്യപ്പെടുത്തണ്ട ഇത്തരം നിഷേധങ്ങളിലെ സുപ്രകാശീതി സംഭവ അതാണ് ഇതുവരെ ചർച്ച ചെയ്തതിന്റെ ചുരുക്കം എന്താണോ ആത്മാവ് നിത്യ അപ്രോക്ഷമാണ് പക്ഷെ അവിടെ എന്തു വരുന്നു നിത്യപരോക്ഷമായിട്ടല്ല അറിയുന്നത് അഹം മനുഷ്യ നിത്യത്തിന് ആരോപിതരൂപോപിതമായി അറിയും അതാണ് അനുഭവം ഞാൻ മനുഷ്യനാണ് പുരുഷനാണ് സ്ത്രീയാണ് ഇത്തരത്തിൽ ആരോപിത രൂപത്തിൽ അറിയും അങ്ങനെ അറിയുമ്പോൾ നേതി നേതി ഗത്തോവ ചോന്നപുരത്തിൻ ഇത്തരം നിഷേധികൾ ആ പരോക്ഷതയെ ഒഴികെയുള്ള സർവത്തെയും നിഷേധിക്കുന്നു സ്വപ്രകാശം സ്വപ്രകാശം അതാണ് ആത്മോപദേശവിധി ഉപനിഷത്ത് അവലംബിച്ചിരിക്കുന്ന ആത്മോപദേശത്തിന്റെ സാര അതാണ് അല്ലാതെ വേദം കർമ്മങ്ങളെയും മറ്റും ബോധിപ്പിക്കുന്നതുപോലെ ോധിപ്പിക്കുകയല്ല അഗ്നി കൊണ്ട് ദഹിപ്പിക്കാവുന്നതാണ് തൃണവും മറ്റും ശരി അതിനെ ദഹിപ്പിക്കുന്നതിന് കേനുജി അന്യേന ദക്കും ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല തൃണത്തെ ദഹിപ്പിക്കാൻ അഗ്നി അല്ലാതെ മറ്റൊന്നുമില്ല ഈ ശാസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല ഈ ആത്മബോധത്തെ ആത്മബോധത്തിന് വേണ്ടി ആത്മതത്വത്തെ വിധിക്കുന്നതിന് മറ്റൊന്നുമില്ല അതാണ് ഈ ഉദാഹരണം പറഞ്ഞത് ശാസ്ത്രത്തെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ശാസ്ത്രം ഉപദേശമാണ് ജ്ഞാന് ആ ജ്ഞാനമാണ് ഈ ആരോപത്തെ നിവർത്തിപ്പിക്കുന്നത് ശേഷിക്കുന്നു സ്വയമേവ പ്രതീക അതങ്ങനെ ഒന്ന് സംഭവിക്കണമെങ്കിൽ ശാസ്ത്രവും ഒരു ഉപായവും ഉള്ളതല്ല ഇവിടെ പറയുന്നത് ശാസ്ത്രം മാത്രമേ ഉള്ളൂ ശാസ്ത്രമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തൃണത്തെ അഗ്നിയല്ലാതെ വേറെ ഒന്നുകൂടെ ദഹിപ്പിച്ചേനെ അഗ്നില്ലാതെ വേറെന്താ ഉള്ളത് ആകാശം വായു ജലം ഭൂമി ഇതിലേതെങ്കിലും ദഹിപ്പിച്ചേനെ ആകെ പഞ്ചഭൂതങ്ങളേ ഉള്ളൂ പക്ഷേ തൃണത്തെ അഗ്നിക്ക് അല്ലാതെ ദഹിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കാണുന്നില്ല തൃണത്തെ ദഹിപ്പിക്കാൻ അഗ്നി മാത്രമേ ഉള്ളൂ ഈ ആത്മബോധത്തിനും ഉപായം ശാസ്ത്രം മാത്രമേ ഉള്ളൂ രണ്ടാമതൊന്നില്ല മോക്ഷത്തിന് പല ഉപായങ്ങളുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം ഉപായങ്ങളുണ്ട് അത് ശരിയാണ് സ്വർഗമാണ് മോക്ഷം എന്ന് വിചാരിച്ചാൽ യാഗങ്ങൾ അവിടെ ഉപായമായി മോക്ഷം എന്നുള്ളതിനെ കുറിച്ച് ഒരാളുടെ ധാരണയ്ക്കനുസരിച്ച മോക്ഷത്തെക്കുറിച്ച് തന്നെ ജീവന്മാർക്ക് അവരുടെ അധികാര ഭേദമനുസരിച്ച് പല ധാരണകളാണ് കൈലാസത്തിൽ പോകുന്നതാണ് മോക്ഷം വൈകുണ്ഠത്തിൽ പോകുന്നതാണ് മോക്ഷം ഇങ്ങനെ പലതരത്തിലുണ്ട് അതിനുള്ള ഉപായങ്ങളുമുണ്ട് പലതും അത് ശരിയാണ് പക്ഷേ സ്വപ്രകാശമേപ പ്രതീതി അതാണ് ഇവിടുത്തെ മോക്ഷം ആരോപണം നിവർത്തി അജ്ഞാനനാശം അതാണ് മോക്ഷം അജ്ഞാനനാശത്തിന് ശേഷിക്കുന്നതാണ് മോക്ഷം മോക്ഷത്തിന് ശാസ്ത്രമല്ലാതെ മറ്റൊരുപായമില്ല അങ്ങനെ ശാസ്ത്രജന്യമായ ജ്ഞാനമല്ലാതെ മറ്റൊരു ഉപായമുണ്ട് മറ്റു മോക്ഷങ്ങൾ അംഗീകരിച്ചാൽ അതിന് ഉപായങ്ങളും വേറെ ഉണ്ട് അതാണ് അതേവശാസ്ത്രം ആത്മസ്വരൂപം ബോധയിതും പ്രവൃത്തം സത് അമനുഷ്യത്വ പ്രതിഷേധേന ഇവ നേരി നേരി ഉത്തോ ഉത്തരരാമ അല്ലെങ്ങനെയാണോ അഗ്നിക്ക് മാത്രമേ ദഹിപ്പിക്കാനുള്ള ശേഷി ഉള്ളു എന്ന് പറയുന്നത് അതുപോലെ അതുപോലെ തന്നെ ശാസ്ത്രം ശാസ്ത്രം എന്നൊരു ഇവിടെ ശ്രുതി വേദം ആത്മസ്വരൂപം ബോധയിതും പ്രവൃത്തം അത് ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിനാണ് ഒരുമ്പിട്ടിരിക്കുന്നു അത് ബോധിപ്പിക്കുകയാണ് അതിനാണ് അശ്രമിക്കുന്നു ആരാ ജീവന് അമനുഷ്യത്വ പ്രതിഷേധേന ഇവാ പറഞ്ഞ കഥയിൽ പറഞ്ഞതുപോലെ മുഗ്ധനായ മനുഷ്യനോട് നടത്തും അമനുഷ്യ എന്ന് ബോധിപ്പിച്ചതുപോലെ നേതി നേതി ശാസ്ത്രം എങ്ങനെയാണ് ബോധിപ്പിക്കുന്നു തൃണം കൃണത്തെ അഗ്നി നേരിട്ട് ദഹിപ്പിക്കുന്നു അതുപോലെ വേദം നേരിട്ട് ബോധിപ്പിക്കുന്നില്ല മറിച്ച് നേതി നേതിരാമ നേരത്തെ പറഞ്ഞു തൂഷണീം ബബുവ പിന്നീടൊന്നും പറയുന്നില്ല അതിനപ്പുറം അതിനെ കുറിച്ച് വർണ്ണനകളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അപൂർണമാണ് പരമാവധി ശ്രുതി പറയുന്ന എന്താണ് നേതി നേതി ഥാ അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ സർവാനുഭൂ ഇത് അനുശാസനം അതുപോലെ തന്നെ പറയും അനന്തരമാണ് അബാഹ്യമാണ് എല്ലാം പലതവണ വന്നിട്ടുള്ളതാണ് അന്തരമല്ല അബാഹ്യമല്ല അയമാത്മാ അതാണ് എന്തുകൊണ്ടങ്ങനെ പറയുന്ന ആത്മാ ആത്മാവെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരും ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ശരീരം മനസ്സ് അതിനെല്ലാം ആധാരമായി പ്രത്യേകമായി ഉള്ളിലിരിക്കുന്ന ഒന്നാണ് ആത്മാ അങ്ങനെ ഒരു സങ്കല്പം വരും സൂക്ഷ്മമാണ് അതുകൊണ്ടത് ഉള്ളിലാണ് ഇതെല്ലാം സ്ഥൂലമാണ് ബാഹ്യമാണ് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയണം അന്തരം ഉള്ളിലിരിക്കുന്നതല്ല പിന്നെ പുറമേ ഉള്ളതാണോ കണ്ണുകൊണ്ട് കാണുന്നതാണോ വ്യാപകമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംശയം വരും ആകാശം പോലെ വ്യാപകം പുറമേ ഉള്ളത് അതും പറയും അണു ആണ് മഹത്വാണെന്ന് പറയും അണു എന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്ന് മഹത്വം എന്ന് പറഞ്ഞാൽ പുറമേ ബാഹ്യമായി ആകാശം പോലെ വരുന്ന ബാഹ്യം അങ്ങനെയല്ല പിന്നെ ഉള്ളിൽ ഇരിക്കുന്നതെന്നോ പുറമേ ഉള്ളതെന്നോ കാണണ്ട ഉള്ളും പുറവും ഒന്നും അതിനകത്തില്ല അതിനെ സംബന്ധിച്ചു അതിലാണ് ഉള്ളും പറവും എല്ലാം അനുഭവപ്പെടുന്നത് അയമാത്മാ ബ്രഹ്മ സർവഅനുഭൂഹു അങ്ങനെയുള്ള ഈ ആത്മാവ് ബ്രഹ്മമാണ് ബ്രഹ്മം എന്നുള്ള ശബ്ദം തന്നെ അപൂർവമാണ് ലോകത്തിൽ പ്രസിദ്ധമായ ശബ്ദമല്ല ആത്മാവെന്ന് പറഞ്ഞാൽ പിന്നും പ്രസിദ്ധമാണ് ബ്രഹ്മം പ്രസിദ്ധമായ ശബ്ദമുണ്ട് വേദത്തിലാണ് പറയുന്നത് ബ്രഹ്മ അപ്പൊ അതൊരു അപൂർവ വസ്തുവാണോ ഇനി കണ്ടെത്തേണ്ടത് ഇതൊരാരും കണ്ടെത്തിയിട്ടില്ലാത്തത് ഒരു സർവനുഭൂ സർവരിലും അനുഭവ രൂപത്തിലിരിക്കുന്ന ഇനി അത് കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല ആർക്കും കണ്ടെത്താൻ എങ്ങനെ കണ്ടെത്തും അത് അജ്ഞേയമാണോ അല്ല പറയുന്നു സർവ അനുഭവ സർവജീവന്മാരിലും അനുഭവ രൂപത്തിലിരിക്കുന്ന എന്താണോ അതുതന്നെയാണ് ഏത് അനുശാസനം എന്ന് ശ്രുതി പറയുന്നു സർവം ആത്മീയ ഭൂനകംബസി ഇങ്ങനെ ധാരാളം ശ്രുതികളെ ഈ പറഞ്ഞ ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്നതിനായി നിർദ്ദേശിക്കാനുണ്ട് യദയമേം യഥോക്ത്മാനം നേത് താവതയം ബാഹ്യ അനിത്യദൃഷ്ടിരക്ഷണം ഉപാധി ആത്മയ്നോപേ അവിദ്യയാധർമാത്മനോ മന്യമാന ബ്രഹ്മാതംഭര്യന്തേ സ്ഥാനപുന ആവർത്തമാനോ അവിദ്യാമക സംസരതി യാവതയുമ യഥോക്തമിമത്മാനും ഏതുവരേക്കും ഇതിനറിയാതിരിക്കുന്നു ഇതുവരെ വിശദീകരിച്ച ഈ ആത്മസ്വരൂപത്തെ എത്ര കാലം വരെ അറിയാതിരിക്കുന്നുവോ അതുവരേക്കും സംസാരം തുടരുന്നു ആത്മബോധം വരെ സംസാരം തുടരുന്നു താവതയും എന്താണ് ആ സംസാരം അത് വിശദീകരിക്കുന്നു ബാഹ്യ അനിത്യദൃഷ്ടി ലക്ഷണം ാഹ്യമായ അനിത്യദൃി ബുദ്ധി അതാണ് ഈ അറിഞ്ഞും ഇല്ലാതാകുന്ന ബുദ്ധി അതാണ് ബാഹ്യമായ അനിത്യദൃഷ്ടി അതാണ് ഉപാധി അതിനെ തന്നെ മനസ്സെന്ന് പറയുന്നു ബുദ്ധിയെന്ന് പറയുന്നു ദർശനം ശ്രവണം സ്പർശനം ഘ്രാണം എന്നെല്ലാം പറയുന്ന ഒന്ന് തന്നെ ഈ അനിത്യദൃഷ്ടി അനിത്യമായോണ്ടാണ് അവിടെ പറഞ്ഞത് ശ്രോത്രോത്രം മനസ്സോ മനോഹിത്വം എന്ന് പറയുന്നത് ഇതൊന്നു ഈ ദർശനാദി അനുഭവ രൂപത്തിലുള്ള ഈ അനിത്യദൃഷ്ടി ലക്ഷണ ഉപാധ്യം ഒരു ഉപാധിയാണ് ആത്മത്യവിനൊപ്പ ഉപേത്യ ഇതിനെ താനായി അറിയുന്നു ഇതിനെല്ലാം നീ ആരാണ് ഞാൻ കാണുന്നവരാണ് നീ ആരാണ് കേൾക്കുന്നവനാണ് ഉണക്കുന്നവനാണ് രുചിക്കുന്നവനാണ് അറിയുന്നവനാണ് ഇങ്ങനെ ഇതാണ് ആത്മത്വേനെ ഉപേത്യ ആഗ്രഹിച്ച് അവിദ്യയ ഉപാധിധർമാൻ ആത്മനൗമന്യമാണ് അവിദ്യ കൊണ്ട് അജ്ഞാനം കൊണ്ട് ആ ഉപാധി ധർമ്മങ്ങളെ തൻ്റെതായി കരുതുന്നു എങ്ങനെ ഞാൻ അറിവുള്ളവനാണ് ഞാൻ കാണുന്നവനാണ് ഞാൻ കേൾക്കുന്നവനാണ് ഇത്തരത്തിൽ ഒന്നുകൊണ്ട് ബ്രഹ്മാതി സ്തംഭപര്യന്ത ബ്രഹ്മാവ് തുടങ്ങി സ്തംഭം വരയ്ക്കും സ്തംഭം എന്ന് വെച്ചപ്പുല് ഉൾക്കൊടി വരെ ദേവതിരി നരസ്ഥാനേഷ് ബ്രഹ്മാവ് ദേവയോനി തിരിയോനികളും മൃഗങ്ങളും മറ്റും നരയോനി മനുഷ്യൻ പുനഃ പുനരാവർത്തമാനോ ഇത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവിദ്യ കാമകർമ്മവശ അവിദ്യ കാമ കർമ്മങ്ങൾ ഹേതുവായിട്ട് ഈ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു സൈവം സംസരൻ ഉപാത്തദേഹേന്ദ്രിയ സംഘാതം തൃജതി അങ്ങനെ ഈ സംസാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവൻ ഉപാത്തദേഹേന്ദ്രിയ സംഘാതം ഓരോ ജന്മത്തിലും ഓരോ ശരീരത്തെ സ്വീകരിക്കുന്നു മനുഷ്യ ശരീരം ദേവശരീരം തിരി ശരീരം ഇങ്ങനെ സ്വീകരിക്കുന്നു തെജതി ഉപേക്ഷിക്കുന്നു തെക്വാ അന്യം ഉപാധത്തെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു പുനഃ പുനര് അവിദന വർത്തമാന ഇങ്ങനെ വീണ്ടും വീണ്ടും നദീസ്രോ നദിയുടെ ഒഴുക്ക് പോലെ അനാദിയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഒഴിക സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു വീണ്ടും അത് മേഘമായി ഉയരുന്നു വീണ്ടും ഭൂമിയിൽ വരുന്നു വീണ്ടും നദിയായി ഒഴുകുന്നു ജന്മമരണ പ്രബന്ധം ാണ് ഈ ജന്മമരണത്തിന്റെ ഒഴുക്ക് ഇതിന് നാശം സംഭവിക്കുന്നില്ല കാഭിരവസ്ഥ എന്തവസ്ഥയിലൂടെയൊക്കെയാണിത് പോകുന്നത് ഇത്യതമർത്ഥം ദർശയനാശ്രുതി വൈരാഗ്യഹേതടുത്തു പറയുന്ന ഈ ഭാഗം എന്തിനു വേണ്ടി പറയുന്നു ഇത് ഒരു ജന്മത്തെക്കുറിച്ച് പറയുന്നു ജന്മം എങ്ങനെ ഉണ്ടാകുന്നു പുരുഷനിൽ നിന്നും ആരംഭിക്കുന്നു സ്ത്രീയിൽ ഗർഭരൂപത്തിലിരിക്കുന്നു അടുത്ത് പുറത്ത് ശിശുവായി ജനിക്കുന്നു വീണ്ടും ജീവിക്കുന്നു മരിക്കുന്നു വീണ്ടും ജീവിക്കുന്നു മൂന്ന് തരത്തിലുള്ള ജന്മത്തെക്കുറിച്ചൂടെ പറയും നടത്തു വരുന്ന ഭാഗത്ത് കാഭിത് അവസ്ഥാഭ്യർ ത്രയ അവസഭാഹ എന്നു പറഞ്ഞത് മൂന്ന് സ്ഥാനങ്ങളുണ്ട് ആവാസസ്ഥാനങ്ങൾ ഒന്ന് ഗർഭരൂപത്തിൽ രണ്ട് ശിശുവായി മൂന്ന് ജീവിച്ച് മരിച്ചതിനു ശേഷം വീണ്ടും അടുത്ത ജന്മമായി പുനർജന്മത്തെ ഉറപ്പിച്ചു പറയും വ്യക്തമായി പറയണം ഒരു ആശങ്കയില്ലാത്ത രീതിയിൽ പറയാം ഇതെന്തിനു വേണ്ടി വൈരാഗ്യഹേതോഹു വൈരാഗ്യത്തിന് വേണ്ടി ഈ ജനന മരണങ്ങളോട് ഉള്ള താൽപ്പര്യം ഇല്ലാതാകാൻ ഇതിൽ നിന്നും മോചനത്തിന് വേണ്ടി ഇതിങ്ങനെ തുടർന്നുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഈ സോദുഖസമ്മിശ്രമായ ജീവിതം ജന്മം കൊണ്ടുണ്ടാകുന്നതാണ് നമ്മുടെ ജന്മം അവസാനിപ്പിക്കണം എന്ന് വിവേകം ഈ വൈരാഗ്യത്തിൽ നിന്നും ഉണ്ടാകും അതിനുവേണ്ടി ആദ്യം വൈരാഗ്യത്തെ കാണിക്കും വൈരാഗ്യാർത്ഥം ചിന്തിക്കുന്നവന് ഇതിന് താല്പര്യമുണ്ടാകുന്നു അതിനുവേണ്ടിയിട്ടാണ് അടുത്തു വരുന്ന ഭാഗത്ത് ജന്മത്തെക്കുറിച്ച് പറയുന്നത് ഓം പുരുഷേഹ വയം ആദിതോ ഗർഭോഭവതി यतेद तदेद यतेद्रेत तदेभ्यो अंगेभ्येजूत आत्मनिवे आत्मा बिहर्ति तदा क्रियां सिंचती अथ य സദസ്യ പ്രഥമം ജന്മ ഇവിടെ ആ ജീവന്റെ പ്രഥമ ജന്മത്തെക്കുറിച്ച് പറയും ഈ വേദഭാഗം ഉപനിഷത് ഭാഗം പഠിപ്പിക്കുമ്പോൾ പൊതുവായ വേദികൾ പഠിപ്പിക്കുമ്പോൾ ഒരു നിർദ്ദേശമുണ്ട് കാരണം ഇവിടെ പറയുന്നത് ജന്മത്തെക്കുറിച്ചാണ് ജന്മം എന്നു പറയുമ്പോൾ ആദ്യം ഇപ്പോൾ ജന്മം എന്ന് പറയുന്നത് ഗർഭരൂപത്തിലുള്ള ജന്മം മാതാവിന്റെ ഉദ്ധരത്തിലുള്ള കഴിഞ്ഞു പിന്നീട് ജനനത്തെക്കുറിച്ച് പറയുന്നു വീണ്ടും മരണം ജനനത്തെ കുറിച്ച് അതായിരിക്കാം ഇത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആചാര്യന്മാർ പറയും എഴുതിയിട്ടുണ്ട് അപക്രാമന്തു ഗർഭിണിയ ഗർഭിണികളായ സ്ത്രീകൾ ഇത് കേൾക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ല എന്നുള്ള പറയുന്നത് വേദിയിൽ ഇരിക്കുന്നവരൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപക്രാമന്തു മാറിപ്പോകണം എന്ന് പറയും ഇതൊരു നിസ്സാര കാര്യമല്ല ഇങ്ങനെ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാമെന്നുള്ളത് വേദാധ്യയനത്തിന് സ്ത്രീകൾക്കും അവകാശമുണ്ടായിരുന്നു അത് ഏത് അവസ്ഥയിലുള്ള സ്ത്രീക്കും വേദാധ്യയനം നിഷിദ്ധമായിരുന്നില്ല എന്നുള്ളതിന് ഒരു പ്രമാണമാണിത് ഇങ്ങനെ പറയുന്നു ഇന്നും പറയുന്നു സാമ്പ്രദായികമായി വിപുഷത്ത് പഠിപ്പിക്കുന്ന സ്ഥലത്തെല്ലാം പറയും പുരുഷന്മാർ മാത്രം ഇരിക്കുകയാണെങ്കിലും പറയും ഇത് അപ്പൊ ഗർഭിണികളായ സ്ത്രീകൾ ഇത് കേൾക്കാൻ പാടില്ല എന്നോ എന്തെങ്കിലും ദോഷം ഉണ്ടായിരിക്കാം എന്താ ദോഷമെന്നൊന്നും പറയുന്നില്ല അത് കേൾക്കണ്ട എന്ന് പറയും അപ്പൊ സ്ത്രീകളിരിക്കുന്ന സദസ്സിൽ ഇത് ചൊല്ലുന്നുകൊണ്ടാണല്ലോ അത് പറയേണ്ടി വരുന്നു അപ്പൊ സ്ത്രീകൾക്ക് മുമ്പ് സ്ത്രീകൾ കേൾക്കത്തക്ക രീതിയിൽ മുമ്പ് വേദഭാഗം ചൊല്ലിയിരുന്നു എന്നാണ് അപക്രാമന്ത് ഗർഭിന്യെന്ന് പറയുന്നത് വേദത്തിലുള്ളതല്ല സമ്പ്രദായത്തിലുള്ളത് സമ്പ്രദായത്തിൽ ആചാര്യന്മാരെങ്ങനെ ഉച്ചരിക്കും പ്രിൻഷത്ത് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഔപിൻഷത്ത് ചൊല്ലിക്കൊടുക്കുക മറ്റുള്ളവരെ ഏറ്റു ചൊല്ലുക വേദാധ്യയനമെന്നു പറയുന്നത് എന്താണോ ഈ അനുക്രമപൂർവുമായി ചൊല്ലുന്നതിനാണ് വേദാധ്യനം ഒരാളതിന്റെ ക്രമത്തില് ചൊല്ലിക്കൊടുക്കുക മറ്റുള്ളവരെ ഏറ്റി ചൊല്ല വേദാധ്യനം ഭൂപനിഷത്ത് അധ്യയനം എന്ന് പറയുന്നത് വേദാധ്യനമാണ് അതിന്റെ അർത്ഥം വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മീമാംസ വേദാധ്യനത്തിന്റെ ഭാഗമാണ് എന്നാലും വേദാധ്യനം പൂർത്തിയാകും അതും വേദാധ്യയനം ചെയ്യാത്തതിന് മീമാംസ വിധിച്ചിട്ടുമില്ല വേദം ചൊല്ലിക്കേൾക്കാത്തവർക്ക് പിന്നെ അർത്ഥവിചാര സാധ്യമല്ല അപ്പൊ ഇവിടെ അർത്ഥവിചാരം എന്ന് വെച്ചാലും മുമ്പ് വേദം ചൊല്ലിയിരിക്കണം കേട്ടിരിക്കണം അപ്പോ നിശ്ചിതമായും സ്ത്രീകൾക്ക് വേദാധ്യയനത്തിന് അധികാരമുണ്ടായിരുന്നു സമ്പ്രദായം എന്ന് പറയുന്ന അതാണ് സമ്പ്രദായം എന്ന് പറയുന്നത് ഇടയ്ക്ക് കയറി വരുന്നാണ് അർത്ഥം കേൾക്കാൻ പാടില്ല എന്ന് മന്ത്രം കേൾക്കാതെ അർത്ഥം ഇങ്ങനെ കേൾക്കാൻ പറ്റും മന്ത്രം കേട്ടിട്ടാണല്ലോ അർത്ഥം മന്ത്രത്തിന്റെ അർത്ഥമാണ് അപ്പോൾ അത് മന്ത്രപൂർവകമാണ് അർത്ഥം മന്ത്രം കേൾക്കാതെ അർത്ഥം കേൾക്കാൻ പറ്റത്തില്ല അർത്ഥം മാത്രം പറയുകയാണെങ്കിൽ പിന്നെ മന്ത്രം ആവശ്യമില്ല അപ്പോൾ സ്ത്രീകൾ എഴുന്നീട്ട് പോകണമെന്ന് പറയേണ്ട കാര്യമില്ല ഗർഭിണികൾ എഴുന്നേറ്റ് പോണോ അപ്പോൾ അർത്ഥബോധം മന്ത്രപൂർവ്വകമാണ് അപ്പൊ മന്ത്രം കേൾക്കാൻ പാടില്ല എന്നു അപ്പോൾ അതുവരെയുള്ള ഭാഗം കേട്ടിരുന്നു ഇനി ഈ ഒരു ഭാഗം കഴിയുമ്പോൾ അടുത്തു പറയും യഥാസ്ഥാനം ഗർഭിണിക പുറത്തുപോയവരെല്ലാം തിരിച്ചു വന്നിരിക്കണം എന്നും പറയും അപ്പതിന്ന് വളരെ വ്യക്തമാണ് സ്ത്രീകൾക്ക് വേദാധികാരം ഉണ്ടായിരുന്നു ഇത് പഠിപ്പിക്കുന്ന ഈ ഉപനിഷദ് ഭാഗം പഠിപ്പിക്കുന്ന പ്രധാനമായി ഇത് പഠിക്കുന്നത് ശങ്കര പരമ്പരയിൽപ്പെട്ടവരാണ് അതല്ല ഈ സാമ്പ്രദായികമായ ആചാര്യന്മാര് എല്ലാവരും പറയുന്ന ഒരേ കാര്യം സാമ്പ്രദായികമായ പുതിയ പദ്വിതികളല്ല സാമ്പ്രദായകമായി പഠിക്കുന്ന പഠിപ്പിക്കുന്ന എല്ലാവരും പറയുന്ന സ്ത്രീകൾ വേദാധ്യയനം ചെയ്യാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് അദ്വൈതകളെല്ലാം സ്ത്രീകൾക്ക് വേദാധ്യനം അനുവദിച്ചിട്ടില്ല അതിന് സംശയമുണ്ടെങ്കിൽ ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ശങ്കരാചാര്യന്മാരോടൊത് ചോദിക്കുക അവരാണല്ലോ ശങ്കരാചാര്യരുടെ അവകാശങ്ങൾ സ്ത്രീകൾക്ക് വേദാധ്യനം പാടണ്ടോ പാടില്ല എന്നേ പറയത്തു ഒരുപക്ഷെ പരസ്യമായി പറയത്തില്ല പേടിച്ചിട്ട് ചിലപ്പോൾ പ്രതിഷേധ പ്രകടനം അതുകൊണ്ട് പരസ്യമായി പറയത്തില്ല സ്വകാര്യമായി ചോദിച്ചു നോക്കുക സ്ത്രീക്ക് വേദാധ്യയനം അനുവദിച്ചിട്ടുണ്ടോ ഇന്ന് പരമ്പരയിലുള്ള ശങ്കരാചാര്യന്മാരാരും ഇനി ഏതെങ്കിലും ശങ്കരാചാര്യ പറയുന്നുണ്ടെങ്കിൽ അയാളത് പഠിച്ചിട്ടില്ലാത്തയാളായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ശങ്കരാചാര്യന്മാർ പറയുന്നത് അതിന് കാരണക്കാരൻ ശങ്കരാചാര്യ ശങ്കരാചാര്യർ വളരെ സ്പഷ്ടമായി എഴുതി വെച്ചു സ്ത്രീക്ക് വേദാധ്യയനത്തിന് അധികാരമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അങ്ങനെ എഴുതി വെച്ചു അതാണ് ഈ തകരാറുള്ളത് ശങ്കര പരമ്പരയിൽ ഇങ്ങനെ ഒരു അതിന് ഉത്തരവാദി ശങ്കരാചാര്യ ശങ്കരാചാര്യൻ എന്തുകൊണ്ട് എഴുതി പല സ്മൃതികളെയും പ്രമാണമാക്കിയിട്ട് അയ്യോ പാവ ശങ്കരാചാര്യ മനഃപൂർവ്വം അങ്ങനെ എഴുതിയല്ല അറിയാതെ എഴുതി പോയതാണ് എന്നൊക്കെ ഇന്നുള്ള അദ്ദേഹികൾ പറയും പക്ഷെ അങ്ങനെയുള്ള മനഃപൂർവ്വം തന്നെ എഴുതിയിട്ടുള്ളൂ അങ്ങനെ എഴുതേണ്ട യാതൊരു ആവശ്യമില്ലാതിരുന്ന സ്ഥാനത്ത് എഴുതി അത് വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം കാരണം ലോക്കൽ വിദ്വാൻമാർ ചിലപ്പം ചോദ്യം ചെയ്യും സംഗ്രഹയം അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയും അതുകൊണ്ട് മാത്രം ഗൃഹദാരുണ്യവംശത്തിന്റെ അവസാന ഭാഗം ഗൃഹസ്ഥന്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് അവിടെ ഒരു നല്ല പുത്രനാകണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും വായിക്കുമ്പോൾ നമുക്കൊരു അസംബന്ധമാണെന്നൊക്കെ തോന്നും താല്പര്യം ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കാം കാരണം അസംബന്ധമാണെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് വായിക്കാൻ രസം വരും അതുകൊണ്ട് ആദ്യം പറഞ്ഞു അവിടെ ഒരു മന്ത്രഭാവമാണ് അധ എന്ന് ഒരു മന്ത്രഭാവം ഈ ആത്മനോ ദുഹിതാം പണ്ഡിതാം ഇച്ഛനാണ് കറക്റ്റ് എങ്ങനെയല്ല എനിക്കത്ര ഓർമ്മ വരുന്നില്ല എന്റെ താല്പര്യം എങ്ങനെയാണ് ഏതൊരുവനാണോ പണ്ഡിതയായ ഒരു പുത്രിയെ ആഗ്രഹിക്കുന്നത് അതാണ് ഭാഗം മന്ത്രം കറക്റ്റ് മന്ത്രിഭാഗം അവിടെ നോക്കും അതിന്റെ മന്ത്രം അതാണ് പണ്ഡിതയായ ഒരു പുത്രിയെ ആരാണോ ആഗ്രഹിക്കുന്നത് ആണ് മന്ത്രിഭാഗം ദുഹിതാം പണ്ഡിതാം എന്നാണ് പണ്ഡിതയായ പുത്രിയെ ഇച്ഛതി എന്നാണ് ായ പുത്രി വേദത്തിൽ പറയാണ് വേദത്തിലായിട്ട് പറയുന്നു പണ്ഡിതയായ ഒരു പുത്രിയെ ആഗ്രഹിക്കുന്നവൻ ഇന്നത ചെയ്യണം ഇപ്പൊ വേദത്തിൽ പണ്ഡിതയായ പുത്രി എന്ന് പറഞ്ഞാൽ എന്താണ് വേദപാണ്ഡിത്യമുള്ള പുത്രി എന്നാണ് അതൊരു സംശയമുണ്ട് വേദാധ്യയനം ചെയ്യുന്നു പാണ്ഡിത്യമുള്ള ഒരു പുത്രി എന്നാണ് വേദം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം പാണ്ഡിത്യുള്ള വേദാധ്യയനം ചെയ്യുന്ന അതിനുള്ള ബുദ്ധിയുള്ള കഴിവുള്ള ഒന്നാണ് അപ്പൊ വേദം സ്ത്രീകൾ അധ്യയനം ചെയ്യുന്നുള്ളതിന് വേറെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് മൈത്രിയുടെയും മറ്റു ഉദാഹരണം നമുക്കറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യത്തിന് അങ്ങനെ പറയുന്നതിന് യാതൊരു അദ്ഭുതമില്ല അതിശയുക്തിയുണ്ട് അപ്പൊ ഒരാൾക്കൊരു പണ്ഡിത വേദപണ്ഡിതയായ ഒരു പുത്രി ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ ഇന്നത് ചെയ്യണം തിലോദനം അതൊക്കെ ഉണ്ടാക്കി ഭക്ഷിക്കണമെന്നും മറ്റും പറയുന്നുണ്ടവിടെ അപ്പൊ അവിടെ ഭാഷകാരൻ എഴുതിയത് ദുഹിതായ പാണ്ഡിത്യം ഗ്രഹതന്ത്രമേവാ മകളുടെ പാണ്ഡിത്യം എന്ന് പറയുന്ന അടുക്കളപ്പണിയാണ് സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട് എന്നുവെച്ച വേദപാണ്ഡിത്യമല്ല ഇവിടെ പണ്ഡിതായ മകളെന്ന് പറഞ്ഞാൽ പാചകത്തിനും മിടുക്കിയായവൾ എന്നേ അർത്ഥം പറയാവും ആ പറയുന്ന ഉപനിഷത് ഭാവമായിട്ട് യാതൊരു ബന്ധമില്ല അവിടെ പാചകത്തിന്റെ കാര്യമോ അടുക്കളയുടെ കാര്യമോ യാതൊന്നും പറയുന്നില്ല ദുർവ്യാഖ്യാനം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ നമ്മളെ ദൃഷ്ടി നോക്കുമ്പോൾ ദുർവ്യാഖ്യാനമാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഏവ എന്ന് പറഞ്ഞു അല്ല അടുക്കള പണിയിൽ കൂടി പാണ്ഡിത്യം ആയിക്കോട്ടെ വേദവും പഠിച്ചോട്ടെ എന്നല്ല അത് ആവശ്യമാണ് പറഞ്ഞു ഗ്രഹതന്ത്രമേവാ ഗ്രഹതന്ത്രം എന്ന് പറയുമ്പോൾ പ്രധാനമായും വരുന്നത് കുക്കിംഗാണ് ഗ്രഹതന്ത്രം അത് മാത്രം എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അതുകഴിഞ്ഞ് വീണ്ടും എനിക്ക് വേദ അനധികാര സ്ത്രീക്ക് വേദത്തിൽ അധികാരമില്ല ഇത് കൂടുതൽ വേറെ തെളിവ് വേണ്ട അതിന് വേറെ പ്രമാണമൊന്നും പറയുന്നില്ല തന്റെ കാഴ്ചപ്പാടായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീക്ക് വേദാധ്യയനം പാടില്ല വേദത്തിൽ അധികാരമില്ല അടുക്കളപ്പണി മാത്രമേ പാടുള്ളൂ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ അതിലെടുത്ത് നോക്കുക മായിട്ട് ഉപനിഷത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നിട്ട് പോലും ഗോതമ സ്മൃതി പോലെയുള്ള സ്മൃതികളെ സ്വീകരിച്ചിട്ട് വേദം കേൾക്കുന്നവന്റെ ചെവിയിൽ ഇയം ഉരുക്കി വഴിക്കണമെന്ന് പറഞ്ഞ അതേ ഭാഷയിൽ തന്നെ അധികാരമില്ല ചിലർക്ക് പ്രയാസമുണ്ടാവും എന്നാലും ശങ്കരാചാര്യരെ കുറിച്ച് ഇങ്ങനെയുള്ള അപവാദങ്ങളൊക്കെ സ്വാമി പരസ്യമായി പറയുന്നുണ്ടെന്ന് അത് ഞാൻ പറയുന്നത് ശങ്കരാചാര്യ പൂർണ്ണമായും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാലോചിതമല്ലാത്ത കാര്യങ്ങള് ശങ്കരാചാര്യം പിന്താങ്ങിയതുകൊണ്ടാണ് ദീർഘവീക്ഷണമില്ലാത്ത ഒരാചാര്യനെന്ന് ഞാൻ പലപ്പോഴും പറയുന്നു വിവരമുണ്ടായിരുന്നു പക്ഷേ ദീർഘവീക്ഷണമില്ലായിരുന്നു അതുകൊണ്ട് എന്തു ചെയ്തു നൂറ്റാണ്ടുകൾ പിന്നീട് സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ പറ്റിയിട്ടില്ല ദയാനന്ദ സ്വാമി പോലെയൊക്കെ ആൾക്കാർ വന്നതിന് ശേഷം ഒരു പത്തുന്നൂറ് വർഷത്തിന് ഇപ്പുറമാണ് പിന്നീട് സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ മറ്റും അവസരമുണ്ടായത് അതുവരെ പൂർണമായും വേദപഠനം മറ്റും സ്ത്രീകൾക്ക് നിഷേധിച്ച് അതിനൊരു പ്രധാന കാരണക്കാരൻ ശങ്കരാചാര്യ കാരണം ആധുനിക കാലത്ത് വൈദിക കാലത്തിന് ശേഷം സ്മൃതികളുടെ കാലം കഴിഞ്ഞ് വിദ്വാൻമാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ശങ്കരാചാര്യരാണ് പണ്ഡിതന്മാരെ അത് അനുകൂലിക്കാനായാലും ശരി എതിർക്കാനായാലും ശരി ശങ്കരാചാര്യർക്ക് ശേഷം വന്ന് എല്ലാ ആചാര്യന്മാരുടെയും പ്രധാന ജോലി ഒന്നിൽ ശങ്കരാചാര്യം എതിർക്കാണെങ്കിൽ അനുകൂലിക്കാം പണ്ഡിതന്മാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ശങ്കരാചാര്യാണ് എതിർത്തവരും അനുകൂലിച്ചവരും ഒരേ വിശ്വാസത്തിൽ അംഗീകരിച്ച കാര്യം ഇതൊക്കെയാണ് സ്ത്രീശൂദ്രന്മാർക്ക് വേദം പഠിക്കാൻ പാടില്ല ശങ്കരാചര്യ പറഞ്ഞ ഈ കാര്യം എതിർത്തവരും അനുകൂലിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ശങ്കരാചരിയുടെ ആർക്കും അപ്ര വ്യത്യാസമുണ്ട് രാമാനുജനും മാർദ്ധനും ആർക്കും ഇല്ല അതുകൊണ്ട് ഇത്തരം അനാചാരങ്ങൾ ഭാരതത്തിന് നിലനിന്നതിന് ഒരു പ്രധാന കാരണക്കാരൻ ശങ്കരാചാര്യരാണ് സംഗ്രാഹകരുടെ ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ചരിത്ര സത്യമാണ് അതിന് വ്യക്തമായ തെളിവുകളും അതുകൊണ്ട് ഒരുപാട് നാശം ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്തിനാ സ്വാമി ഇരുന്നുകൊണ്ട് ഇതൊക്കെ പഴയ കാര്യങ്ങളല്ല വേണ്ടി ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ കാരണം ഇന്നും ഇത് അക്ഷരം പ്രതി ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്ന് ഈ ശങ്കരാചാര്യന്മാരെ പോലെയുള്ളവർ പറയുന്നു ഇന്ന് അതുകൊണ്ടാണ് വീണ്ടും പറയേണ്ടി വരും അത് നമുക്കറിയത്തില്ല നമുക്കെന്നു വെച്ചാൽ കൂപമണ്ഡൂപങ്ങൾക്കറിയത്തില്ല ബാക്കിയുള്ളവർക്കറിയാം പൊട്ടക്കനല്ല തവളക്കറിയത്തില്ല അതിന്റെ പുറത്ത് പറന്ന് കിടക്കുന്നവർക്കൊക്കെ അറിയാം ഇതൊരു സത്യമാണെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അതുകൊണ്ടിത് പ്രമാണമാണ് സ്ത്രീകൾ സമാധാനപ്പെടുക വേദം പഠിക്കാൻ പഴയകാലത്ത് അധികാരം ഉണ്ടായിരുന്നു അതിന് വേദത്തിൽ തന്നെ വ്യക്തമായ തെളിവുണ്ട് ആര് ചോദിച്ചാലും പറയാം അത് ഏതവസ്ഥയിൽ വേദം പഠിക്കാതിരിക്കുന്നതിന് അതുകൊണ്ട് അനുയുക്തികൾ എന്നുള്ളവർ പറയുന്നത് എന്താണ് സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ പാടില്ല എന്ന് പണ്ട് പറഞ്ഞതിന് കാരണമുണ്ട് കാരണം സ്ത്രീ അശുദ്ധിയാകുമ്പോൾ അശുദ്ധയാകുമ്പോൾ അവർക്ക് വേദം പഠിക്കാൻ പറ്റത്തില്ല അതെല്ലാം പരമാവധമാണ് അത് മനസ്സിലാക്കിയിരിക്കണം കാരണം പഞ്ചവർഷം ബാലം ഉപനീയ സ്മൃതിലത്തിനെ പറയുന്നതാണ് ഒരു കുട്ടിയെ അഞ്ചു വയസ്സുള്ളപ്പോൾ ഉമ്മേനം ജയിക്കണം ചെയ്യിക്കാം അഞ്ചു വയസ്സുള്ള വേദാധ്യയനം എന്ന് പറയുന്ന ഒരാൾ എന്താ ചെയ്യുന്നത് സാധാരണ സ്വശാഖ എന്ന് പറയുന്നത് സ്വശാഖയുടെ അധ്യയനമാണ് അതാത് ശാഖയുടെ അധ്യയനത്തിന് ഒരാൾക്ക് മൂന്ന് വർഷം മതി പരമാവധി ഞ്ച് വർഷത്തിൽ ഉപയോഗം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് സ്വശാഖാധ്യയനം ചെയ്യും അപ്പോൾ ഇവിടെ ആ പെൺകുട്ടിക്ക് അശുദ്ധി വരുന്നു ആ പറയുന്നു വിവരക്കിട പിന്നെ അത് കഴിഞ്ഞ് ഇനി വേദമൊക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നീടുള്ള അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും അർത്ഥമില്ല കാരണം വേദത്തിന് അനധ്യായമുണ്ട് വേദം എന്ന് പറഞ്ഞാൽ എന്നും ചെല്ലാനുള്ള സാധനമുണ്ട് പുരുഷന്മാർക്ക് വേദം ചൊല്ലുന്നിടത്ത അനധ്യായ ദിവസങ്ങൾ അഷ്ടമി പ്രതിപഥ ഇന്ന് മാത്രമല്ല മഴ പെയ്താൽ ഉടൻ വേദാധ്യയനം നിർത്തിക്കോണമെന്നാണ് നല്ല മഴ പെയ്ത ഗുരു ചൊല്ലിക്കൊടുക്കുന്നത് കേൾക്കാൻ പറ്റത്തില്ല മരണം സംഭവിച്ചാൽ പാടില്ല നമ്മള് ദുഃഖകരമായ എന്തെങ്കിലും സംഭവം ഉപാധ്യായൻ മരിച്ചു കഴിഞ്ഞാൽ വേദാധ്യനം പാടില്ല ഇത്ര ദിവസം അങ്ങനെയൊക്കെ ഒരുപാട് അനധ്യായ ദിവസങ്ങൾ അതുകൊണ്ട് വേദം എല്ലാ ദിവസവും ചൊല്ലിക്കൊള്ളണമെന്നൊന്നുമില്ല അങ്ങനെ അനധ്യായത്തോടുകൂടിയാണോ വേദത്തിൻ്റെ സ്വാധ്യായമെങ്കിൽ സ്ത്രീ അത്വം ചൊല്ല ഇനി ആരെങ്കിലും അങ്ങനെ കരുതുകയാണ് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാം പടലെന്ന് കരുതിയാലും വേദം ചൊല്ലാം അതുകൊണ്ട് ആ പറയുന്ന ഇന്നത്തെ ആചാര്യന്മാർ പറയുന്ന പുതർക്കങ്ങൾ അതും സ്ത്രീക്ക് വേദാധ്യനം നിഷേധിക്കുന്നതിനൊരു കാരണമേയല്ല ഇതെല്ലാം അനാചാരങ്ങൾ നിലപിറ്റുന്ന അനാചാരങ്ങളാണ് അത് അനാചാരമെന്നറിയാതെ ഇന്നത്തെ ഈ പണ്ഡിതന്മാരായ ശങ്കരാചാര്യന്മാര് ഇതിനെയൊക്കെ പിന്തുടരും അവരും വിമർശിക്കുകയല്ല അവർ പറയുന്നത് വിവരക്കേടാണെന്ന് പറയുകയാണ് അങ്ങനെ പറയുന്നു അതെല്ലാവരും ശങ്കരാചാര്യന്മാര് മാത്രമല്ല ആരെല്ലാം സാമ്പ്രദായികമായി ഈ വേദം അധ്യയനം ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഈ പക്ഷക്കാരാണ് സ്ത്രീ പാടില്ല അധ്യയനം ചെയ്യാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് എല്ലാവരും കേൾപ്പിക്കുന്ന ശങ്കരാചാര്യന്മാർ ഒരു ദോഷമില്ല ഇനി ഈ മന്ത്രഭാഗം ഈ മന്ത്രഭാഗത്തിൽ പറയുന്നത് മൂന്ന് തരത്തിലുള്ള ജന്മത്തെക്കുറിച്ചാണ് അത് എന്തിനു വേണ്ടി പറയുന്നു ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ വൈരാഗ്യഹീദോഹ വൈരാഗ്യ അർത്ഥം വിരക്തി ഉണ്ടാകുന്നത് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ശ്രീദേവ് പറയുന്നത് പുരുഷേഹവായം ആദ്യതോ ഗർഭോ പുരുഷനിലാണോ ജന്മം ഗർഭം എന്ന് പറയുന്ന ആ ജന്മം സംഭവിക്കുന്നത് പുരുഷനിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ എല്ലാം കൂടെ ചേർത്ത് പറയുകയാണ് അതിന്റെ തുടക്കം എന്താണ് രേതസായി അത് പറയുന്നു എന്താണോ പരലോകത്ത് അവിടെ നിന്ന് വൃഷ്ടിയിലൂടെ പുരുഷനിൽ ദേദസ്സായി പ്രവേശിക്കുന്നു അവിടെ നിന്ന് സ്ത്രീയിൽ വരുന്നു ഇതെല്ലാം സർവ്വ ലോക കാര്യങ്ങളാണ് തതേത് സർവേഭ്യോ അംഗേഭ്യ തേജസംഭൂതം അതെന്താണ് പുരുഷന്റെ സർവ്വ അംഗങ്ങളുടെയും തേജസ്സാണോ സാരഭൂതമായതാണോ ആത്മന്യവാത്മാനം വിപർത്തി അത് തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ക്ഷം പറയും ദൃഷ്ട്യാതിക്രമേണിരൂപത്തിൽ വരുന്നു അത് പുരുഷന്റെ സ്വരൂപമായി തന്നെയിരിക്കുന്നു കാരണം സർവാംഗങ്ങളുടെയും തേജസ്സായിരിക്കുന്നു ആ രേതസ് തദ്ധാ സ്ത്രീയാം സിഞ്ചരിയപ്പോഴത് സ്ത്രീയിലേക്ക് പ്രവേശിക്കുന്നത് അധയന ജനയതി ഉടനെ അവിടെ ഒരു ജന്മം ആരംഭിക്കുന്നു ഥമം ജന്മ അതാണ് അവന്റെ പ്രഥമം ജന്മം ഇതിന്റെ വ്യാഖ്യാനം ഇത്രയും കൊണ്ട് മനസ്സിലായല്ലോ സ്ത്രീയ ആത്മഭൂയം ഗച്ഛതി ആദ്യം പുരുഷന്റെ സ്വരൂപം തന്നെയായിരുന്നു അത് ഗർഭരൂപത്തിലീയുടെ സ്വരൂപം തന്നെയായി മാറുന്നു യഥാർത്ഥം അംഗം എങ്ങനെയാണോ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ അംഗം അവയവം അതുപോലെ അയക്കുന്നു ആ ശിശു ഗർഭസ്ഥ ശിശു തഥാ തസ്മാതേനാം ന ഹിനി അതുകൊണ്ട് ഇവിടെ ഭാഷകാരമ്പര്യം എങ്ങനെയാണ് ഒരു ശരീരത്തിൽ വർണ്ണവും മറ്റും വന്നു കഴിഞ്ഞാൽ അതാ ശരീരത്തെ നശിപ്പിക്കുന്നത് അതുപോലെ ആ ശിശു ആ അമ്മയെ നശിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് അതെ സ്വരൂപം തന്നെയായിരിക്കുന്നു സ്യ ഏതം ആത്മാനം അത്ര ഗതം അങ്ങനെ തന്റെ ഉള്ളിലിരിക്കുന്ന ആ ജന്മത്തെ അ സ്ത്രീ പരിപോഷിപ്പിക്കുന്നു ഭാവയ വളർത്തുന്നു പരിപോഷിപ്പിക്കുന്നു എന്നർത്ഥം സ ഭാവയിത്രി ഭാവയി ദിവ്യാഭവതി അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്തുകൊണ്ട് തന്റെ ഉള്ളിൽ ഒരു ജീവനും സംരക്ഷിക്കുന്നതുകൊണ്ട് തം സ്ത്രീ ഗർഭം വിഭർത്തി സു അഗ്രൈവ കുമാരം ജന്മനു അഗ്രൈ അതിഭാവയതി അങ്ങനെ ആ ശിശു ജനിക്കുന്നു അത് അടുത്ത ജന്മമാണ് അവിടെ പിതാവ് ജാതകർമ്മം തുടങ്ങിയുള്ള കർമ്മങ്ങൾ ആ ശിശുവിന് വേണ്ടി ചെയ്യുന്നു സ്മൃതികൾ നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ശിശുവിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു അതാണ് അതിൻ്റെ സംരക്ഷണം സയത് കുമാര ജന്മനോ അഗ്രെ അതിഭാവേദി ആത്മാനമേവീ അപ്പോൾ ആ പിതാവ് ആ പുത്രനു വേണ്ടി സ്മാർത്ത കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു ജാതകർമ്മ പുത്രനെ സംരക്ഷിക്കുന്നു അതെന്താണോ ആത്മാനമേവ തദ്ദേശിക്കുകയാണ് മാതാവ് ആ ശിശുവിനെ സംരക്ഷിക്കുന്നത് തന്നെ തന്നെ സംരക്ഷിക്കുന്നു പിതാവ് ആ ശിശുവിനെ സംരക്ഷിക്കുന്നു തന്നെ തന്നെ സംരക്ഷിക്കുകയാണ് എന്തുകൊണ്ട് ആ പിതാവ് തന്നെയാണ് ഉത്തരരൂപത്തിൽ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നത് യേഷാം ലോകാനാം സന്തത്യ എന്തുകൊണ്ട് അതിലൂടെ ഈ പ്രഗാസന്തതി നിലനിൽക്കുന്നു ഏവം സന്തതാ ഹിമേ ലോക ഈ സംസാരം അങ്ങനെയാണ് തുടർന്ന് നിലനിൽക്കുന്നത് ഈ സന്തതികളെല്ലാം ഈ ക്രമത്തിലാണ് നിലനിൽക്കുന്നത് തദ്സ്യ ദ്വിതീയം ജന്മ അതുകൊണ്ട് ആ ജന്മവും പിതാവും മാതാവും സംരക്ഷിക്കുന്നു അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇത് സംസാരമാണോ സോ അസ്യായമാത്മാ പുണ്യഭ്യ കർമ്മഭ്യ പ്രതി പുത്രൻ ആത്മാ ആ പിതാവിന്റെ ആത്മാവ് തന്നെ ആയിരിക്കുന്നവൻ പുണ്യകർമ്മങ്ങളിൽ പിതാവിന് പ്രതിനിധിയാകുന്നു പ്രതി ധീയത പിതാവ് പൂർത്തിയാക്കാത്ത കർമ്മങ്ങൾ വൈദിക കർമ്മങ്ങളും മറ്റും ചിലപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ കഴിയാത്തവർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പുത്രൻ പൂർത്തിയാക്കും പുണ്യകർമ്മങ്ങൾക്ക് പിതാവിന്റെ പ്രതിനിധിയാണ് പുത്രൻ എന്തുകൊണ്ട് അയമാത്മാ അസ്യായത്മാവൻ ആ പിതാവിന്റെ ആത്മാവ് തന്നെ അസ്വരൂപം തന്നെ അഥാ അസ്യായം ഇതര ആത്മാ കൃതകൃത്യോ വയോഗത പ്രീതി അങ്ങനെ പുത്രനുണ്ടായി പിതാവിന്റെ പ്രതിനിധിയായി സത്കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ ഇതൊരാത്മാ പിതാവ് കൃതകൃത്യത്ര എന്ന് പറഞ്ഞല്ലോ കൃണത്രയത്തെല്ലാം പരിഹരിച്ച് കർമ്മങ്ങൾ വിഹിതമായ കർമ്മങ്ങളെല്ലാം ചെയ്തതാണ് കൃതികൃത്യനെന്ന് പറയുന്നത് വയോഗത വയസ്സായി പ്രീതി മരിക്കുന്നുയനേവ ആ പിതാവ് മരിക്കുന്നു പുത്രനൂടെ അവശേഷിക്കുന്നു പുനർജായ വീണ്ടും അവൻ ജനിക്കുന്നു മരിച്ചവീണ്ടും എന്തുകൊണ്ട് മരിക്കുന്നു അവൻ കൃതകൃത്യനായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഋണങ്ങൾ വീട്ടിലേ ഉള്ളു അവൻ ഈ സംസാരത്തിൽ പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടവൻ സന്താനങ്ങളെ സൃഷ്ടിച്ചു സന്താനത്തെ പരിപാലിച്ചു അവന്റെ കർമ്മത്തിന് സന്താനത്തെ പ്രതിനിധിയാക്കി ഇതൊക്കെയാണ് അവൻ ചെയ്തത് ഭഷുകാരൻ വേറെ അടുത്ത് പറയും ബെലുദാറിനെത്തി പറയും ഇത് വളരെ അധമമായ കർമ്മങ്ങളാണ് ഇതൊരു ശ്രേഷ്ഠമായ കർമ്മമൊന്നുമില്ല അവനവന്റെ എണ്ണത്രയത്തെ ഒഴിവാക്കി പക്ഷേ വീണ്ടും അവർ ജനിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇത് അധമമായ കർമ്മം കർമ്മത്യാഗമാണോ സന്യാസമാണ് ശ്രേഷ്ഠമായത് എന്ന് ഭാഷകാരൻ പറയും മറിച്ചിത് എന്തു വരുന്നു വീണ്ടും അവന് ജന്മത്തിന് കാരണമായി തീരുന്നു അവൻ തന്റെ പ്രതിനിധിയായി ഇവിടെ പുത്രനെ തയ്യാറാക്കി പക്ഷെ അവയോജനമുണ്ടായി വയോഗത പ്രീതി സൈത പ്രയൻ നിയമ പുനർജായത ഇതാണ് സംസാരം അപ്പോൾ ഈ അവസാനത്തെ ജന്മത്തെ അവന് ഒഴിവാക്കാൻ പറ്റുന്നു മൂന്ന് ജന്മം എന്ന് പറഞ്ഞാൽ അതാണ് ഒന്ന് ഗർഭത്തിൽ രണ്ടാമത് ജനിച്ചു മൂന്നാമത് പിതാവും മരിച്ചു പിതാവും പുത്രനും രണ്ടല്ല നാളെ പുത്രനും മരിക്കും അപ്പോൾ പിതാവിനും ഒന്നുമ്പ് രണ്ട് ജന്മം ഉണ്ടായിരുന്നു പുത്രനിയും ഒരു ജന്മം കൂടിയുണ്ട് മരിച്ചതിന് ശേഷമുള്ള ജന്മം വീണ്ടും ഇതാർത്തിക്കുന്നു ഒരു ജന്മത്തിൽ തന്നെ മൂന്ന് ജന്മം ഗർഭത്തിൽ ഒരു ജന്മം പിന്നെ രണ്ടാമത്തെ ഒരു ജന്മം പിന്നെ മരിച്ചിട്ട് വീണ്ടും ഒരി കൂടെ ജനിക്കേണ്ടത് അതി കൂടി ചേർത്തിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെ ശ്രേഷ്ഠമാകും ഒരുവന്റെ ധർമ്മവും എങ്ങനെയാകും ഇതിലൊരുവനെങ്ങനെ കൃതകൃത്യനാകും ഇതാണ് പറഞ്ഞത് ഇത് വൈരാഗ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ കൃതകൃത്യനാകുന്നതോ എന്നിട്ട് വീണ്ടും ജനിക്കുന്നു എന്ന് പറയുന്നതോ അവൻ കരുതുന്നു ഇതൊക്കെയാണ് തന്റെ ധർമ്മം ഭാര്യയെ സ്വീകരിക്കുക പുത്തന്നെ സൃഷ്ടിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുക പുത്തന്റെ സത്കർമ്മങ്ങളിലൂടെ താനും സർഗത്ത് പോവുക ഇതെല്ലാമാണ് ശ്രേഷ്ഠമെന്ന് ധരിക്കുന്നു പക്ഷേ പുനർജായതയെന്ന് പറഞ്ഞുകൊണ്ടുകൂടി എല്ലാം അവന് മോക്ഷമില്ല ഇത്രയാവസ നേരത്തെ ഇതിനെ കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു ജാഗ്രസ്തത്തിന് സൃഷ്ടിയിൽ മാത്രമാണ് ഇവനീ കെട്ടുപാടിൽ തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ വൈരാഗ്യഹേതോഹു വൈരാഗ്യാർത്ഥമാണ് തദസ്യ തൃതീയം ജന്മ ഇതൊക്കെ മൂന്നാമത് ജന്മമാണ് തദുത്തമിഷണ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളിൽ ാഷ്യത്തിൽ ഈ പദങ്ങളുടെ അർത്ഥം പറയുന്നതേ ഉള്ളൂ വിശേഷിച്ചെന്നും പറയുന്നു അതുകൊണ്ട് ആ ഭാഷ ഞാനങ്ങ് ഒഴിവാക്കി കാരണം അതിൻ്റെ ഭാഷയത്തിന് താൽപ്പര്യമാണ് ഇപ്പോൾ മന്ത്രത്തിലൂടെ പറഞ്ഞത് വ്യാഖ്യാനിച്ചത് കൂടുതൽ വിശദീകരണങ്ങൾ എവിടെയില്ലാത്ത ഇത്രയാദിനം വൈരാഗ്യഹേതോഹോ വൈരാഗ്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ഇതിപ്പോൾ കേൾക്കുന്നവരെല്ലാം വൈരാഗ്യമുള്ളവരാണ് എനിക്ക് വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ അടുത്തു പറയുന്നു ഗർഭേ അനു യേശാം അവേദം അഹം ദേവാനാം ജനിമാനി വിശ്വാ വായിക്കാൻ മനസ്സിലാക്കണം ശതം മാ പുര ആയസീ सेनो അഥ സ്യേനോസീയ ഗർഭേവ എന്തോ വാമത ഭിവ്യക്തിത്രേണ ജന്മമരണപ്രബന്ധ ആരൂഢ സർവലോക സംസാരസമുദ്രെ പതിത ഇതുവരെ പറഞ്ഞ എന്റെ താല്പര്യം ഭാഷകാരൻ പറയു ആവശ്യമില്ലാത്ത സ്ഥലത്ത് വെറുതെ സമയങ്ങളിൽ വിശേഷം മനസ്സിലാക്കാനില്ല മന്ത്രത്തിലുള്ള കൂടുതൽ ആ ഭാഗങ്ങളിലും ഭാഷകാരനോന്നും വ്യാഖ്യാനിക്കാൻ നമ്മളതിനുവേണ്ടി സമയം കളയേണ്ട കാര്യം ദേവം സംസരൻ ഇങ്ങനെ സംസരണം ചെയ്യുന്നവൻ തെങ്ങനെ അവസ്ഥ അഭിവ്യക്തി പ്രയേണ ഈ മൂന്നവസ്ഥ അഭിവ്യക്തികൾ ദവസ്ഥകളുടെ പ്രകടഭാവം ഒന്നാണ് ജീവന്റെ ഈ മൂന്ന് ജന്മം ജന്മം ഈ ജന്മ മരണപ്രവാഹത്തിൽ പ്രവേശിച്ചവൻ സർവോലോകാര സർവജീവന്മാരും സംസാരസമുദ്രപത്തിവരും ആ സംസാര സമുദ്രത്തിൽ പതിച്ചിരിക്കുകയാണ് കഥഞ്ചിത് യഥാശ്രുതിയുക്തം ആത്മാനം വിജാന ഏതെങ്കിലും തരത്തിൽ കഥഞ്ചിത് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ എന്താണോ അനേക ജന്മ സംപ്രാപ്ത ഭഗവാൻ ഗീതയിൽ പറഞ്ഞു യഥാശ്രുത്യുക്തം ആത്മാനം വിജാനാദിവിടെ ശ്രുതി നിർദ്ദേശിച്ച രീതിയിൽ ആത്മാവിനെ അവൻ അറിയുകയാണെങ്കിൽ യസ്യാംഗസ്യാഞ്ചിത്ത അവസ്ഥ ആയാ അതേതവസ്ഥയിലായാലും ശരി തതൈവ മുക്തസർവസംസാരന്ധന കൃതകൃത്യോഭവതി അപ്പോ തന്നെ ആ അവസ്ഥയിൽ തന്നെ സർവ്വ സംസാര ബന്ധനത്തിൽ നിന്നും മുക്തനായി കൃതകൃത്യനായി തീരുന്നു ഇത്യേത് വസ്തു എന്താണ് സംസാര സമുദ്രത്തിലുള്ള ഈ വീഴ്ച അവിടെ നിന്നുള്ള കരകയറ്റം ഈ കാര്യം തദ്ഷണ മന്ദരി പ്യുക്തം ഇതാണ് തദുക്തം ഇഷണ മന്ത്രത്തിൽ പറഞ്ഞു എന്താണ് ഗർഭി നു മാതൃഗർഭാശി അവസൻ ഞാൻ വ്യാഖ്യാനിക്കുകയാണ് ഗർഭിന്ന് സാവിന്റെ ഗർഭാശയത്തിലായിരുന്നു വിതറക്കെ അനേക ജന്മാന്തര ഭാവനാ പരിപാകവശാദ് അനേക ജന്മാന്തരങ്ങളിലെ ഭാവന അഭ്യാസം അതിന്റെ പരിഭാഗം കൊണ്ട് ഇവിടെ പറയുന്നു ഭാവന ആത്മാനാത്മവിവേക ഭാവന വ്യാഖ്യാതാവ് അതൊരു ജന്മത്തിൽ കൊണ്ടല്ല അനേക ജന്മങ്ങളിലെ ആത്മാനാത്മവിവേക ഭാവന കൊണ്ട് പരിപാക വശ പരിഭാഗം വന്നു അതുകൊണ്ട് ഒരു ജന്മത്തിൽ ആരും നിരാശപ്പെടേണ്ട കാര്യം ആത്മാനാത്മവിവേകം വരുന്നില്ല അനേക ജന്മങ്ങളുടെ വിവേകം പരിഭാഗം കൊണ്ട് ഏഷാം ദേവാനാം വാഗന്യാദീനാം ജനിമാനി ജന്മാനി വിശ്വ വിശ്വാനി സർവാണി അവയതം അഹം അഹോ അനുബുദ്ധവാൻ അനേക ജന്മങ്ങളുടെ ഈ പരിപാകം കൊണ്ട് എന്തറിഞ്ഞു മന്ത്രത്തിൽ പറയുന്ന എന്താണ് ദേവാനാം ജനിമാനി ഈ ദേവന്മാരുടെ ജന്മങ്ങൾ വാഗഗ്ഞാദീനം ജനിമാനി നേരത്തെ പറഞ്ഞുള്ള ജന്മങ്ങളെക്കുറിച്ച് വാഗഗ്ഞാദികൾ അതിനെ സൂചിപ്പിക്കുകയാണ് ഏത് വിശ്വ വിശ്വസിച്ച സർവം ഈ സർവത്തിന്റെയും ജന്മത്തെ മനസ്സിലാക്കി ഇതൊന്നും സ്ഥായിയല്ല ഇന്ദ്രനും ചന്ദ്രനുമെല്ലാം ജനിച്ച് അസ്തമിക്കുന്നതാണോ അവേദമഹം അഹോ അനുബുദ്ധവാൻ ഈ സംസാരത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി സംസാരത്തിന്റെ നിസ്സാരതയും മനസ്സിലാക്കി സംസാരത്തിന്റെ മോചനത്തെക്കുറിച്ചുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിച്ചു ശതം അനേകം ബഹ്വഹോ മാസോമയ്യ ഇവ അഭേദ്യാനി ശരീരം ലോഹമയമായ ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങല പോലെ അതാണ് ഇവിടെ ആയാസീഹി അരക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ അവസാനമില്ലാത്ത ചങ്ങലക്കണ്ണികളെ പോലെ ജന്മങ്ങൾ ശതോന്നിച്ച് അനേകം ശതമ്മാപുര ആയാസി മുമ്പ് എന്താണ് ഈ ഒരു ഇരുമ്പ് ചങ്ങലക്കണ്ണികളെ പോലെയുള്ള ലോഹമയ്യ ലോഹമയമായ അഭിദ്യാനി അതിനെ ഭേദിക്കാൻ എളുപ്പമെന്റെ ശരീരമാണ് അത് ഞാൻ കടന്നു കഴിഞ്ഞു എന്നാണ് അഭേദ്യം ഇന്നുകൊണ്ട് കഴിഞ്ഞു ഇതുവരെ ഈ ജന്മം വരെയും എനിക്ക് ശരീര ശൃംഖല ഭീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൊണ്ടത് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയതുപോലെ ദൃഢമാണ് ഒരു ശരീരത്തിൽ നിന്നും വേറെ അടുത്ത ശരീരത്തിലേക്ക് പോകും ഒരിടത്തും ഈ ശരീരത്തെ അവസാനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ മനസ്സിലായി എങ്ങനെ അനേക ജന്മങ്ങളുടെ അഭ്യാസത്തിനൊടുവിൽ അരക്ഷൻ അക്ഷിത സംസാര അവിടെ നിന്നും എനിക്കിതിലൊന്നും മോചിക്കാൻ കഴിഞ്ഞില്ല അതിൽ തന്നെ ഞാൻ കുരുങ്ങി കിടക്കുകയായിരുന്നു സംസാരപാശ നിർഗമനാത് അധു വധനൈവ ജാലംഭിത്വ ജവസ ആത്മജ്ഞാനകൃത സാമർഥ്യേന നിരതീയും നിർഗുദ്വസ്മി ഇപ്പോൾ പറയുന്നു എങ്ങനെയാണോ സ്യേനൻ പക്ഷി അതിൻ്റെ ജാലത്തെ വേട്ടക്കാരൻ അതിനൊരു വലയിൽ കുടുക്കി അത് ആ വലയെ കൊത്തിയേർത്ത് അനുഭേദിച്ചിട്ട് ജവസ ആത്മജ്ഞാനകൃത സാമർഥ്യനാണ് ആ വലയിൽ നിന്ന് മോചിതമാകുന്നത് അതുപോലെ ജ്ഞാനം ആത്മജ്ഞാനമാകുന്ന ഈ സാമർഥ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ സദ്യോമുക്തിന്മത്തിൽ തന്നെ നിരതീയം അസ്മി നിർഗത അസ്മിത ഞാനും ഈ വലയെ ഭേദിച്ചിരിക്കുന്നു ഈ സംസാര ബന്ധനത്തെ മോചിച്ചിരിക്കുന്നു ഇതുവരെയുള്ള ഈ അനേക ജന്മങ്ങളുടെ ബന്ധനത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൽ വിരക്തി വന്നവൻ അനേക ജന്മങ്ങളുടെ അഭ്യാസം കൊണ്ട് ഞാനത്തെ പ്രാപിച്ച് ഈ ജന്മത്തിൽ സദ്യ മുക്തി പ്രാപിക്കുന്നു എന്നാണ് പറയുന്നതിന്റെ താല്പര്യം ഞാനതാ നിർഗതനായിരിക്കുന്നു ഇക്കാര്യം ഗർഭ ഏത് ശയാനോ വാമദേവ ഏവം ഉച്ചർഭയാനം ഉച ഏത് അപ്പൊ തദുത്തം ഇഷണ എന്ന് പറഞ്ഞത് വേദമന്ധം പറയുന്നു എന്നും പറയാം വാമദേവൻ ഋഷി അദ്ദേഹം എല്ലാ ജീവന്മാർക്കും മൂന്ന് ജന്മമുണ്ട് ഗർഭത്തിൽ പിന്നെ പുറത്തു വന്ന് പിന്നീട് മരിച്ചിട്ടിരിഞ്ഞു വാമദേവൻ അതൊന്നും ഉണ്ടായില്ല ഗർഭത്തിലിരുന്ന് തന്നെ വാമദേവനും പറയുകയാണ് എന്താണോ അധനോ ജവസിനി പക്ഷിയെപ്പോലെ വേഗത്തിൽ നിരധീയം ഞാൻ ഈ ബന്ധനത്തെ ഭേദിച്ച് മോക്ഷത്തെ നേടും ഭേദിച്ചിരിക്കുന്നു എന്നാണ് ഗർഭേവ ശയാനോ ഗർഭത്തിലിരുന്നു കൊണ്ടന്നെ വാമദേ വാമദേവൻ എന്ന് പറയുന്ന മഹർഷി ഏവം ഉപാച ഇങ്ങനെ പറഞ്ഞു രഹസ്യമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നവർ കേട്ടു എന്നാണ് അവരെ ഞാനിതാ മുക്തനായിരിക്കുന്നു ഇനി എനിക്ക് ജന്മമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ചു എന്നാണ് എന്ന് ശ്രുതി പറയും അപ്പോൾ ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമെല്ലാം ശ്രുതി വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് േദ്രമ്യ അമുഷ്ടോകെ സർവാൻ കാമൃത സവാമദ യശ്തം ആത്മാനം എന്ന വിവാൻ മഹർഷി വാമദേവൻ ഇങ്ങനെ അമ്മയുടെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ ആത്മാനം സ്വസ്വരൂപത്തെ ഏവം വിദ്വാൻ ഇങ്ങനെ അറിഞ്ഞു സാക്ഷാത്കരിച്ച് അസ്മാശരീരഭേദ ശരീര അവിദ്യാ പരികൽപ്പിത ആയസവത് അനർഭേ ജനനമരണാകരീര പ്രബന്ധ പരമാത്മജ്ഞാനമൃതോജനിതവീര്യഭേദരീര ഉത്പത്തിബീജ അവിടെ ഉപമർദേ ശരീരവിനാശ സൈവം വിദ്വാൻ അസ്മാൻ ശരീരഭേദ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഇങ്ങനെ അറിഞ്ഞവൻ വിദ്വാൻ സ്രൂപത്തെ സാക്ഷാത്കരിച്ചവൻ അസ്മാൻ ശരീരഭേദ ശരീര സ്വീകരവിദ്യസവത് അനിർഭ്യസ ഇരുമ്പ് പോലെ അത് ഉറച്ചതാണ് ഊരുക്കുപോലെ ഇതുവരെ അതിനെ ഭേദിക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ അതിന് വിധേയനായി ശരീരങ്ങളെ സ്വീകരിച്ച് ഉപേക്ഷിച്ചു കൊണ്ടിരുന്നു ജനനമരണാദി അനേക അനർത്ഥശതാവിഷ്ടശരീരപ്രബന്ധ ഈ ശരീരമാണെങ്കിലോ ഈ ശരീരപ്രബന്ധ ഒരു ശരീരമല്ലോ ഈ ശരീരം ഒരു പ്രവാഹമാണ് അനേക യോനികളിൽ പല രൂപത്തിൽ ഇത് ഒരു പ്രവാഹമാണ് ജനനമരണാദി അനേക അനർത്ഥശതാവിഷ്ടം ഇതിൽ ജനനം മരണം രോഗം തുടങ്ങിയ അനേക അനർത്ഥങ്ങൾ ആവിഷ്ടമാണ് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ ശരീരം ഇതിനെ ഉപേക്ഷിച്ചാണ് പരമാത്മജ്ഞാന പരമാത്മജ്ഞാന അമൃത ഉപയോഗ ജനിത വീര്യകൃത ഭേദ പരമാത്മജ്ഞാനാമൃത ഉപയോഗ ജനിത പരമാത്മജ്ഞാനമാകുന്ന അമൃതം പരമാത്മജ്ഞാനം സ്വയം തന്നെ അമൃതമാണ് അതിൻ്റെ ഉപയോഗം അതിൻ്റെ അനുഭവം പരമാത്മജ്ഞാനത്തെ അനുഭവിച്ചു സാക്ഷാത്കരിച്ചു എന്ന് പറയുകയാണ് പരമാത്മജ്ഞാനാവുമ്പോൾ ഉപയോഗജനിത വീര്യകൾ അതുകൊണ്ടുണ്ടായ വീര്യം എന്നുവെച്ചാൽ അതിൻ്റെ ഫലം അതുകൊണ്ട് ഭേദാബ് അതുകൊണ്ട് ഇതിനെ ഭേദിച്ചു അതുകൊണ്ട് ഈ ശരീരത്തെ അഭ്യസിച്ചു അപ്പം പരമാത്മജ്ഞാനത്തിന്റെ അനുഭവം അത് നൽകിയ വീര്യം ആ വീര്യം കൊണ്ട് ഭേദിക്കാൻ കഴിയാത്ത ഈ ശരീരത്തെ ഭേദിച്ചു ശരീരത്തെ എങ്ങനെ ഭേദിച്ചു ശരീര ഉത്പത്തി ബീജ അവിദ്യാതി നിമിത്തം ഉപമർദിത ശരീരത്തിന് ഉത്പത്തിക്ക് ബീജമായിരിക്കുന്ന അവിദ്യാദികളെ നശിപ്പിച്ചുകൊണ്ട് ശരീരത്തെ നശിപ്പിച്ചു അതിനെന്താണ് സഹായിച്ചത് പരമാത്മജ്ഞാനം അതാണ് ശരീരവിനാശ അതാണ് ശരീരവിനാശം ഇപ്പൊ വാമദേവൻ ഇവിടെ പറഞ്ഞു അസ്മാശരീരഭേദാതൂർദ്ധം എന്ന് പറഞ്ഞു ഈ ശരീരനാശത്തിന് ശേഷമൊന്നു പറഞ്ഞു ഈ ശരീരനാശം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമൊന്നും ധരിക്കരുത് മരണ ഇതുമായിട്ട് ഒരു ബന്ധുവുണ്ട് മരണം കേവലം ജനനത്തിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ആ ശരീരനാശം എന്താണ് അതാണ് ഇവിടെ പറഞ്ഞത് അധ്യാത്മജ്ഞാനം ജ്ഞാനമാകുന്ന അമൃതം അമൃതം കൊണ്ടുള്ള വീര്യം ആ വീര്യം കൊണ്ടാണ് ഈ ശരീരത്തെ നശിപ്പിച്ചത് എങ്ങനെ നശിപ്പിച്ചു ശരീരത്തിൻ്റെ ഉത്പത്തിക്ക് ബീജമായിരിക്കുന്ന ദോഷങ്ങളെ നശിപ്പിച്ചു എന്താണ് ആ ദോഷം മുഖ്യമായത് അവിദ്യ എന്തായി താല്പര്യം ആത്മജ്ഞാനം കൊണ്ട് അവിദ്യയാകുന്ന ദോഷത്തെ നശിപ്പിച്ച് ഈ ശരീരത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ജന്മത്തെ നശിപ്പിച്ചു അതാണ് മാമതി അതിനുശേഷം മുക്കനായി എന്ന് പറയുകയാണ് ഊർധ്വ അതിനു ശേഷം പരമാത്മഭൂതഭാവൻ അധോഭാവ സംസാരം ഊർധ്വനായി ഊർധ്വമുഖനായി എന്ന് പറഞ്ഞാൽ എന്തായി പരമാത്മഭൂതനായി അധോഭവാ സംസാരാതുക്രമ്യ ഈ സംസാരം അധോഭവമാണ് ഈ സംസാരം ഇതിനു നേരെ വിപരീതമാണ് പരമാത്മഭാവം യാഥസ്ഥിതി ഈ ജനനമരള രൂപത്തിലുള്ള യാഥസ്ഥിതിയിൽ നിന്നും ഉത്ക്രമ്യ ജ്ഞാനാവോതിത അമല സർവാത്മഭാവമാഹ എന്താണ് ജ്ഞാനം പ്രകാശിപ്പിച്ച അമലമായ പരമപരിശുദ്ധമായ സർവാത്മഭാവമാകന്നെ ആ സർവാത്മഭാവത്തെ പ്രാപിച്ച് അതിൽ രാഗദ്വേഷാദികൾക്കൊന്നും ഇടയില്ലാതുകൊണ്ടാണ് പറയുന്നത് അമല അത് പരിശുദ്ധമാണ് ആ സർവാത്മഭാവം അതിനെ പ്രാപിച്ചതുപോലെ അതുകൊണ്ട് വാമദേവൻ പറയും ഞാൻ തന്നെയാണ് ഇന്ദ്രനും ചന്ദ്രനും എല്ലാം ആയത് എന്ന് സർവാത്മഭാവത്തെക്കുറിച്ചും മാമദേവൻ പറയുന്നു അങ്ങനെയുള്ള സർവാത്മഭാവം ജ്ഞാനം പ്രകാശിപ്പിക്കുന്നതാണോ അതിൽ അജ്ഞാനമോ അതിന്റെ കാര്യങ്ങളായ രാഗദ്വേഷങ്ങളോ ഇല്ല അഭയേജ് അനപരിമൃഗം യഥോക്തേ സ്വർഗീയ ലോകെ അമിഷ്ണിൻ സ്വർഗീയ ലോകിയെന്നാണ് ഈ സ്വർഗ്ഗ ലോകം സ്വർഗമെന്ന് കേട്ടാൽ പുരാണത്തിന്റെ സംസ്കാരമുള്ള ഒരുവന് പെട്ടെന്ന് മനസ്സിൽ വരും അമൃതമെല്ലാം അമൃതും അപ്സരസും എല്ലാം ഉള്ള ലോകം അതല്ല ഇവിടുത്തെ സ്വർഗം എന്ന് പറയുന്നത് യഥോക്തേ മുമ്പ് വർണ്ണിച്ച് കഴിഞ്ഞ എന്താണ് സ്വർഗം എന്നുള്ളത് അജരേ അവിടെ ജരയില്ല അമരേ അമരമാണത് അവിടെ പ്രണാമങ്ങളില്ല അമൃതം മരണമില്ല അഭയം ഭയശൂന്യമാണ് സർവജ്ഞേശ സർവജ്ഞ എന്ന് പറഞ്ഞ സർവജ്ഞത്വം ഉണ്ടവിടെ അപൂർവ്വേ അനപരേ പൂർവ്വാപരങ്ങളില്ല അനന്തര അബാഹ്യേ അന്തരബാഹ്യങ്ങളില്ല പ്രജ്ഞാന അമൃതേഗരസേ പ്രജ്ഞാനമാകുന്ന അമൃത് ഏകസ്വഭാവമുള്ളത് അങ്ങനെയുള്ള സ്വർഗ്ഗം അപ്പോൾ എന്താണ് സ്വർഗമെന്ന് വ്യക്തമായ അവിടെ പ്രദീപത് നിർവ്വാണം മതി പ്രദീപത്തെ പോലെ അഗമ നിർവ്വാണത്തെ പ്രാപിച്ചു ദീപത്തിന്റെ നിർവ്വാണമെന്ന് പറയുന്നത് എന്താണ് നിർവ്വാണെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം അണയുക ശരിക്കും ബാച്ചേർത്ത് വിളക്കണയുക ദീപം അണയുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നു ഇല്ലാതാകുക എന്നാണോ അല്ല ഒരിക്കലും അല്ല അത് ദീപം പ്രകാശ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏത് രൂപത്തിലായിരുന്നു ആ രൂപത്തിലേക്ക് തിരിച്ചു പോയിരുന്നു അതെന്താണോ ആ ദീപം പ്രകാശിക്കുന്നതിന് മുമ്പ് അതിനൊരു രൂപം ഉണ്ടായിരുന്നു ആ രൂപത്തിൽ നിന്നാണ് ഇത് പ്രകടമാകുന്നത് ദൈവത്തെ സംബന്ധിച്ച് അതാ പറയുന്നു ദീപം പ്രകാശിക്കുക പറഞ്ഞാൽ എന്താണ് അത് പ്രകടമാവുകയാണ് എവിടെ പ്രകടമാകും അതിന് ആകാശത്തു നിന്നോ വായുവിൽ നിന്നോ ജലത്തിൽ നിന്നോ പൃഥ്വിയിൽ നിന്നോ പ്രകടമാകാൻ പറ്റത്തില്ല ദീപത്തിന് ദീപത്തിൽ നിന്നേ പ്രകടമാകാൻ പറ്റും അഗ്നിയിൽ നിന്നാണ് അഗ്നി പ്രകടമാകുന്നത് അപ്പൊ രണ്ട് രൂപം അപ്രകടമായ രൂപം മറ്റൊന്ന് പ്രകടമായ രൂപം അപ്രകടമായ രൂപം അപ്രകടമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പയ്യ ശൂന്യതയിൽ നിന്നുള്ള അഗ്നി ഉണ്ടാകുന്നു അഗ്നി ഉണ്ടാകുന്നതിന് അഗ്നിയാകുന്ന നിമിത്തം തന്നെ ഉണ്ട് അഗ്നിയിൽ നിന്നേ അഗ്നി ഉണ്ടാകത്തു അതല്ലേ പ്രകാശിക്കുന്ന അഗ്നിയിൽ നിന്ന് നമുക്ക് എത്ര അഗ്നിണ്ടെളാണ് അഗ്നി ഉണ്ടാകുന്നത് അഗ്നിയിൽ നിന്നാണ് അപ്പൊ അപ്രകാശിതമായ അഗ്നി അഗ്നിയിൽ നിന്നാണ് നമ്മൾ കാണുന്ന ഈ അഗ്നികളെല്ലാം ഉണ്ടാവുന്നത് ഒരു അഗ്നിയിൽ നിന്നുണ്ടായാലോ രണ്ടു മലന്താ വ്യത്യാസം നമ്മൾ കാണുന്ന അഗ്നി അഗ്നിയുടെ വിശേഷരൂപം എവിടെ നിന്നാണോ അത് പ്രകടമായത് അത് അഗ്നിയുടെ സാമാന്യരൂപം അപ്പൊ ആ സാമാന്യഭാവത്തിൽ നിന്നും വിശേഷഭാവം ആ സാമാന്യഭാവത്തെ നമ്മുടെ മനസ്സെത്തത്തില്ല ബുദ്ധിയെത്തത്തില്ല കേവലം കൽപ്പിക്കാനേ പറ്റും എന്തുകൊണ്ട് അതിൽ പ്രകാശമില്ല ഉഷ്ണവുമില്ല രണ്ടും നമുക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ പ്രകാശ ഉഗ്നി ഉഷ്ണമുള്ള അഗ്നി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിന് ഉപാദാനമായും മറ്റൊന്നും വരാനും വഴി എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം അതാത് കാര്യങ്ങളുണ്ടാകും ജലത്തിൽ നിന്ന് ജലവും ഉണ്ടാകുന്നു കാറ്റിൽ നിന്ന് കാറ്റുണ്ടാകുന്നു പൃഥിവിയിൽ നിന്ന് പൃഥ്വി അതേ യുക്തിയും അതേ തത്വം അനുസരിച്ചാണെങ്കിൽ തീർച്ചയായും അഗ്നി ഉണ്ടായത് അഗ്നിയിൽ നിന്ന് തന്നെയാണ് പക്ഷെ ആ അഗ്നി കാരണമായിരിക്കുന്ന അഗ്നി എന്താണത് അവാച്യം നിർവചിക്കാൻ പറ്റും എങ്ങനെയാണ് അഗ്നിയെ നിർവചിക്കുന്നത് അഗ്നി ഉഷ്ണമാണ് അഗ്നി പ്രകാശരൂപമാണ് എങ്ങനെയാണ് അഗ്നി നിർവചിക്കുന്നത് നിർവചിക്കണമെങ്കിൽ ഉഷ്ണവും പ്രകാശവും അനുഭവപ്പെടുന്നു പക്ഷെ ഇവിടെ അഗ്നി എന്താണ് അനിർവാച്യം ഈ അഗ്നിക്ക് കാരണമായിരിക്കുന്ന അഗ്നി ഇതാണ് അതിന് ഉഷ്ണമുള്ളതാണ് അത് പ്രകാശിക്കുന്നതാണെന്ന് പറയാൻ കഴിയുന്നില്ല ഇപ്പം സാമാന്യമായ അഗ്നി എന്താണ് അത് അനിർവാച്യമാണോ അതുപോലെയാണ് പരബ്രഹ്മം ആ പരബ്രഹ്മത്തിൽ നിന്ന് പ്രകടമാകുന്നതാണ് ഈ അഗ്നി ജീവരൂപത്തിലുള്ള അഗ്നി ഇത് പ്രകാശിക്കുന്നുണ്ട് ഇതിന് ഗ്രഹണം സംഭവിക്കുന്നു ദർശനം സംഭവിക്കുന്നു മനനം സംഭവിക്കുന്നു വിജ്ഞാനം സംഭവിക്കുന്നു എല്ലാ രീതിയിൽ സംഭവിക്കുന്നു ഇതാണ് ഇതിന്റെ ഉഷ്ണവും പ്രകാശം ഇത് സത്താണ് ചിത്തമാണ് ആനന്ദമാണ് ഉഷ്ണപ്രകാശങ്ങളെല്ലാം ഇതിലുണ്ട് പക്ഷെ ഇതെവിടെ നിന്നാണ് പ്രകടമായത് സാമാന്യമായി ഒന്നിൽ നിന്ന് ഏതൊന്നിനെയാണോ നിർവചിക്കാൻ കഴിയാത്തത് അതിന്റെ ഉഷ്ണവും ശീതുമൊന്നും അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ അഗ്നി അതിന്റെ വിശേഷരൂപത്തെ വിടുന്നതാണ് നിർവ്വാണം അല്ലെങ്കിൽ അഗ്നി അതിന്റെ സാമാന്യഭാവത്തെ പ്രാപിക്കുന്നതാണ് നിർവ്വാണം അതുകൊണ്ടാണ് ഇവിടെ മോക്ഷത്തിന് നിർവ്വാണെന്ന് പറയുന്നത് ഈ ജീവൻ ഇതിന്റെ ഈ വിശേഷഭാവത്തെ വിടുന്നത് അല്ലെങ്കിൽ ജീവൻ അതിന്റെ സാമാന്യഭാവത്തെ പ്രാപിക്കുന്നത് ജീവന്റെ സാമാന്യഭാവം എന്താണ് അതാണ് ബ്രഹ്മം അതിന്റെ ആ സാമാന്യഭാവത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞ എന്താണ് സ്വരൂപസ്ഥിതി അതിലൂടെ വളരെ വ്യക്തിയുക്തമായൊരു ദൃഷ്ടാന്തം കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് നിർവ്വാണം എന്നു മോക്ഷത്തിന് പേര് വന്നത് അതിന് ദീപത്തെ പോലെ വിശേഷിച്ച അദ്വൈതത്തിൽ സുന്ദരമായൊരു ദൃഷ്ടാന്തം വരെ കിട്ടത്തില്ല ഒരു ദീപത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത്രമാത്രമേ ഒരു ജീവന് സംഭവിക്കുന്നു ഉള്ളൂ മോക്ഷത്തിൽ എന്താണോ ആ സാമാന്യ അഗ്നിയിൽ നിന്ന് ആ ജീവനെ വിലക്ഷണമാക്കിയത് വേർതിരിപ്പിച്ചതെന്താണോ ആ ഉഷ്ണവും അതിൻ്റെ പ്രകാശവും അത് ഏത് സമയമാണോ ഈ വിശേഷഭാവങ്ങൾ ദർശനശ്രവണാധികളിവിടെ ജീവനെ കാണും മറ്റൊന്നിലൂടെ ഏകീഭവിക്കുന്നത് എന്താൽ അവിടെ മനസ്സുകൂടി ഇല്ലാതാകും മനസ്സിനും അത് വിഷയമാകുന്നില്ല കേവലമായി നിൽക്കുന്നത് അത് നിർവ്വാണം ജീവന്റെ നിർവ്വാണം സാമാന്യമായ സ്ഥിതി അതാണ് പ്രദീപ നിർവ്വാണി പ്രദീപ നിർവ്വാണം അത്യാഗമത് പ്രദീപനിർവ്വാണത്തെ പ്രാപിച്ചു പൂർണമായും പ്രാപിച്ചു ഇവിടെ സ്വർഗേ ലോകേ സ്വർഗലോകത്തിന് സ്വർഗത്തിന് നമ്മളർത്ഥം പറഞ്ഞിരിക്കുന്ന അതാണ് ഇവിടെ വന്നപ്പോ എന്താ സ്വർഗത്തിന് ഇങ്ങനെ ഒരർത്ഥം പറഞ്ഞത് എന്ന് ചെല്ലിക്കും തെറ്റിപ്പോയതാണോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് നമ്മൾ പുരാണങ്ങളിൽ നിന്നും വേദത്തിലേക്ക് വരുന്നു ശരിക്കും സഞ്ചരിക്കേണ്ട എങ്ങനെ വേദത്തിൽ നിന്നും തിരിച്ച് പുരാണങ്ങളിലേക്ക് പോകും അങ്ങനെ ഒന്നാ സംശയം വരത്തില്ല എന്തുകൊണ്ട് വേദങ്ങൾ വ്യാഖ്യാനമാണ് പുരാണം വേദത്തിൻ്റെ അർത്ഥങ്ങൾ അതുപോലെ തന്നെ പറയണമെങ്കിൽ പിന്നെ പുരാണത്തിന്റെ ആവശ്യം വേദബാഹ്യമായ ബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് പുരാണം അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു വേദശബ്ദങ്ങളുടെ അർത്ഥത്തിനവിടെ മാറ്റം വരുത്തുന്നു സ്വർഗത്തിന് വേറെ അർത്ഥമായി മേരു ശിഖിരത്തിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ദേവന്മാരും മറ്റും ആവാസസ്ഥാനമാണ് എന്നുകൊണ്ട് വൈദികമായ അർത്ഥം ഈ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കാൻ ബുദ്ധി ബുദ്ധിമുട്ടാണ് തലേക്കേരത്തിൽ അങ്ങനെയുള്ളതിനു വേണ്ടി അങ്ങനെ മാറ്റിയൊരർത്ഥം പറ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സ്വർഗം അത് വേദത്തിലെ പറയുന്ന സ്വർഗ ശബ്ദത്തിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് അല്ലാതെ പുരാണത്തിലെ സ്വർഗശബ്ദത്തെ വേദത്തിൽ മാറ്റി വ്യാഖ്യാനിക്കുന്നതല്ല നമ്മുടെ സഞ്ചാരം പ്രതിലോകമായി വിപരീതമായി അതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് എന്താ സ്വർഗത്തിന് ഇങ്ങനെ ഒരർത്ഥം തരം പറയും ഇവിടെ സ്വർഗ്ഗം എന്നല്ലേ പറഞ്ഞുള്ളൂ നിർവ്വാണമൊന്നും പറഞ്ഞില്ലല്ലോ മോക്ഷമൊന്നു പറഞ്ഞില്ലല്ലോ മുക്തിയെന്ന് പറഞ്ഞില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം ഇവിടെയാണ് സ്വർഗത്തിന്റെ ശരിയായ അർത്ഥം അവിടെ പുരാണങ്ങളിൽ വരുന്നത് എന്താണ് ഗൗണമായ അർത്ഥം അജ്ഞന്മാരായ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് പറഞ്ഞു പ്രദീപ നിർമാണവ് സ്വർഗീയലോകെ സ്വസന് സ്വരൂപേ ആ സ്വർഗലോകം എന്താണ് സ്വാത്മാതന്നെ ഊർധം ഉന് സ്വർഗേ ലോക സ്വേസ്വരുപതാത്മജ്ഞാന പൂർണ്ണ സമാപകാമതയാ ജീവനേവ സർവാൻ കാ അവിടെ ഒന്നുകൂടി പറയുന്ന എന്താണ് സർവാൻ കാമാൻ ആപ്ത്വ അമൃത സമഭവത് സർവകാമങ്ങളെയും പ്രാപിച്ചിട്ട് അവൻ അമൃതനായിത്തീരുന്നു പുരാണത്തിലെ അമൃതമല്ല വേദത്തിൻ്റെ ശ്രുതിയിലെ അമൃതം അവിടെ എന്താണ് സർവകാമാപ്തിയാണ് സർവകാമാപ്തി ാണ് പറയുന്നു ആത്മജ്ഞാനേനപൂർവ്വ സമാപ്ത കാമതയാ ആത്മജ്ഞാനം കൊണ്ട് തന്നെ അവന്റെ കാമനകളെല്ലാം ഒടിഞ്ഞു അല്ലെങ്കിൽ അവന്റെ ജ്ഞാനത്തിൽ സർവകാമനകളും അന്തർഭവിച്ചു യാവാൻ വൃത്ത ഉദവാന് ഏതോർത്താൻ ഇപ്പൊ സർവകാമനകളും അന്തർഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ആനന്ദവും അന്തർഭവിക്കുന്ന ആനന്ദം ഭൂമ ഇനി പറയും വലിയ ആനന്ദം നിരുദ്ദിശ്യ ആനന്ദം ആനന്ദത്തെ പ്രാപിക്കുമ്പോൾ പറയാം എന്താണ് സർവ്വകാമങ്ങളെയും അവൻ പ്രാപിച്ചു ഇതും പൗരാണികമായ അർത്ഥമാണ് പുരാണത്തിൽ പറയുന്ന എന്താണ് നേരെ സ്വർഗത്ത് പോവുക അവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ചു ഇതല്ല ആത്മനിഷ്ഠനായി ഭൂമാനന്ദത്തെ അവൻ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് സർവ്വ ആനന്ദവും അന്തർഭവിച്ചിരിക്കുന്നു അവൻ വിശേഷരാനന്ദ പ്രാപിക്കേണ്ട ആവശ്യമില്ല വിശേഷിച്ചൊരു ചെറിയ ആനന്ദം അല്ലെങ്കിൽ ആനന്ദം പ്രാപിക്കേണ്ട ആവശ്യമില്ല അവൻ സ്വയം ആത്മസ്വരൂപനാണ് അതുകൊണ്ട് അവൻ്റെ മനസ്സിന് വിഷയമാക്കാൻ ഒരു ആനന്ദം സമാധീനം മറ്റും അതുണ്ട് പക്ഷെ നിർവ്വാണത്തിലതില്ല എന്തുകൊണ്ടാണ് അമൃതസമഭവ സ്വയം ആനന്ദരൂപിയായി ആനന്ദ സ്വരൂപത്തിൽ പിന്നെ രണ്ടാമതൊരു ആനന്ദത്തിന് പ്രസക്തിയില്ല രണ്ടാമതൊരാനം ഇവിടെ പ്രാപ്തമാകുന്നില്ല വലുതുമില്ല ചെറുതുമില്ല സമഭവത്സമവ നിർവചനം സഫലസ്യ സത്മജ്ഞാന പരിസമാപ്തി പ്രദർശനം ഈ ആത്മജ്ഞാനം സഫലമാണെന്താണോ അമൃതത്വപ്രാപ്തി അതാണ് എന്റെ ഫലം സാഹ ഉദാഹരണം ഉണ്ടെന്താണ് വാമദേവൻ അല്ലെങ്കിൽ അതുപോലെ ലക്ഷ്മിമാര് ആത്മജ്ഞാന ആത്മജ്ഞാനം എന്ന് പറയുന്നൊരു കെട്ടുകഥയല്ല ഒരു കാര്യം പറയുകയും ലോകത്ത് മറ്റാരും അത് കണ്ടിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കെട്ടുകഥയെന്ന് പറയും ആത്മജ്ഞാനൊരു കെട്ടുകഥയല്ല കടങ്ങതയല്ല മറിച്ച് സോദാഹരണമാണ് അതിന് ഉണ്ട് ഋഷി അത് അനുഭവിച്ച ഋഷിയുണ്ട് ഋഷി സ്വയം തന്നെ പറയുന്നത് എന്താണോ ഞാൻ ആത്മജ്ഞാനത്തെ പ്രാപിച്ചിരിക്കുന്നു അപ്പൊ ആത്മജ്ഞാനത്തിന് അത് രണ്ടുമുണ്ട് ഫലമുണ്ട് ഉദാഹരണമുണ്ട് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിസമാ പ്രദർശനങ്ങൾ അതിന് ഇവിടെ രണ്ടു ഗുണ പറഞ്ഞത് സമഭവത് സമ അഭവത്